കന്യാകുമാരിയിൽ പോയി ആ തെക്കേയറ്റത്ത് നിന്ന് വടക്കേയറ്റത്തെ ശിവശിഷം കാണുന്നത് പോലെ വടക്കോട്ടൊന്ന് നോക്കിയാൽ ചെറിയൊരു മരുത്വാമല കാണാം ഒരു ചെറിയ ഭാരതം തെണ്ടെണ്ണ യുക്തിയുടെയും ബുദ്ധിയുടെയും ശിവശിഷങ്ങളിലേക്ക് ത്തിൽ നിന്ന് മൂലാധാരീക നിലയായ ദേവി വരണമല്യവും മന്ദം മന്ദം പല്ലവനീലദേവ സ്വാധിഷ്ഠാനവും മണിപൂരകവും അനാഹതവും ആജ്ഞയും വിശുദ്ധിയും ഒക്കെ കടന്ന് സഹസ്രാരത്തിലേക്കെത്തുമ്പോൾ പറഞ്ഞതുപോലെ വരുമാർ അവസ്ഥൊരു കുടി വന്നു പടർന്നു വേവും അടിക്കു തപസ്സുവാഴും വരാ നരകം നിലച്ചിടണം അതിനെ തപസ്സറിയണം അതിന് മൂലമറ്റത്തെത്തണം പവർ ഹൗസ് കാണണം ഗുരു ഇരിക്കും തേടി കുതിത്തു കുതിത്തു പായടി മൂലമറ്റം പാറടി എന്ന് ശിവാനന്ദൻ ഇവിടെ പറയും മൂലമറ്റത്ത് പോയിട്ടുണ്ടോ ഇല്ല ഏ പോയിട്ടില്ല അവിടെ ആ പവർ ഹൗസ് ഇരിക്കുന്നത് ആ പവർ ഹൗസിൽ നിന്ന് മൂലാധാരീക നിലയായ ദേവി സാധിഷ്ഠാനം പൂജകതയായി ചതുർവക്ത്ര മനോഹരിയായി മണിപൂരാബ്ജിതയായി ഉയരുമ്പോൾ അനാഹതാബ്ജനിലയായ ബ്രഹ്മഗ്രന്ഥിയും വിഷ്ണുഗ്രന്ഥിയും ഭേദിക്കുന്നവളായ ആജ്ഞാചക്രാന്തരാളസ്ഥയായ ആ ദേവി വിശുദ്ധചക്രനിലയായ ्रवर्तिया भवानी भावनागम्य भव्यु आदि सहसारूढ़ाभर्षिणिया बुद्धिसत्म ശിവശക്തി ഐക്യം സംഭവിക്കുകയും താണ്ഡവലാസ്യങ്ങളുടെ ലോകങ്ങളിലേക്ക് ഉയരുകയും ചെയ്യുന്നത് പഠിക്കണമെങ്കിൽ ആനന്ദലഹരി പഠിക്കണം അതുകൊണ്ട് ആ ലോകങ്ങളിൽ ശിവൻ ശിവന്റെ ലോകങ്ങളിൽ അതിലേക്ക് എത്തുന്ന വിധത്തിലാണ് ചോദിക്കുന്നത് എന്തും കൊടുക്കുന്ന തരൂ ഭാരതം ചോദിക്കുന്നവന് കൊടുക്കുന്നവനെ ഉത്തമനായി കരുതിയിരുന്നു അന്നദാനം ആരോഗ്യദാനം ഇങ്ങനെയൊക്കെ ദാനത്തിന് ബഹുമുഖവശങ്ങളുണ്ടായി ഏറ്റവും വലിയ ദാനം വിദ്യാദാനമാണെന്നും പറഞ്ഞു അതുകൊണ്ട് തന്നെ അവയ്ക്ക് യജ്ഞങ്ങളെന്ന പേരും പറഞ്ഞു അതിൽ രദേവനെയാകാം ഇവിടെ സൂചിപ്പിക്കുന്നത് രന്തിദേവന്റെ ദയാവായ്പതപോലെ തന്നെ കർണനെയുമാകാം കർണനും മോശമായിരുന്നില്ല സ്വജീവൻ പോലും കൊടുക്കാൻ ഒട്ടേറെ കർണദാനത്തിന്റെ കഥകളും രഞ്ജിദേവന്റെ ദാനത്തിന്റെ കഥകളും ഇവരെ രണ്ടുപേരെയും കാൾ ശ്രേഷ്ഠമായൊരു ദാതാവാണ് ബലി മഹാബലിയെയുമാകാം പക്ഷെ പുരാണത്തിലെ മഹാബലിയുടെ നിൽപ്പിനെ ഭാര്യ ചോദ്യം ചെയ്യുന്നുണ്ട് അതുമാത്രമാണ് ഒരു പോരായ്മ മഹാബലിയുടെ ദാനം ഉത്തമമാണെങ്കിലും മഹാബലിയുടെ അടുക്കലെത്തുന്നത് ഒരു ബ്രഹ്മചാരിയാണ് അയാൾ മൂന്നടി മണ്ണാണ് ചോദിച്ചത് തനിക്ക് സ്വസ്ഥമായെന്നിരിക്കാൻ ബലി അതിന് പറയുന്ന കുറേ കാര്യങ്ങൾ ഓണത്തിൻ്റെ മഹാബലി അല്ല കേട്ടോ എൻ്റെ മഹാബലി ഓണത്തിന് മഹാബലിയുമായി ബന്ധമില്ല തൃക്കാക്കലയപ്പനുമായ ബന്ധമുണ്ട് ഓണത്തിൽ പിന്നീട് ആരോ ചേർത്തതായി മഹാബലിയെ ഞാൻ പറയുന്ന മഹാബലി വരികയെന്നുമില്ല കാരണം അദ്ദേഹം പിന്നീടൊരിക്കലും ഇന്ദ്രനായിത്തീരുകയും ചെയ്തു അതുകൊണ്ട് അന്നൂരിപ്പോൾ പാതാളത്തിലൊന്നുമില്ല ഞാൻ പറയുന്ന മഹാബലിയെ പാതാളത്തിലോട്ട് ചവിട്ടിത്താഴ്ത്തുകയും അല്ല ചെയ്തത് അതിനൊക്കെ വേറെ തലങ്ങളുണ്ട് മാത്രവുമല്ല പുരാണങ്ങൾ അനുസരിച്ചാണെങ്കിൽ കേരളം മഹാബലിയായിട്ടൊരു ബന്ധവുമില്ല കാരണം പാവം പരശുരാമനാ കേരളം ഉണ്ടാക്കിയതെന്ന് പുരാണങ്ങൾ ബലി പരശുരാമന് മുമ്പായതുകൊണ്ട് കേരളം ബലിയുടെ കാലത്തില്ല നിങ്ങക്ക് അത്ര ഇഷ്ടപ്പെടുകയും പറ്റൂല എനിക്കറിയാം കാരണം നിങ്ങളും വാമേ മാവേരി ഷോപ്പുകളും വാമന ഷോപ്പുകളും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഈ കാലത്ത് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ തീരെ പിടിക്കുകയല്ല അപ്പൊ അതുകൊണ്ട് മഹാബലിയും വാമനനും ഒന്നുമായി കേരളത്തിന് വലിയ ബന്ധമൊന്നുമില്ല പുരാണത്തിലെ മഹാബലി ത്രൈലോക്യാധിപതിയാണ് പിന്നല്ലേ ഈ ഇട്ടാവട്ടം കേരളം അങ്ങോട്ട് മൂന്ന് ലോകങ്ങളുടെയും അധിപതിയാണ് ആ മഹാബലി ഞാനും നിങ്ങളുമാണ് ജാഗ്രത്വം സ്വപ്നവും സുഷുപ്തിയുമാകുന്ന മൂന്ന് ലോകങ്ങളുടെ അധിപതി അതിൽ അഹങ്കരിക്കുന്ന മാനവൻ എന്റെ ജാഗ്രത് ലോകങ്ങൾ എത്രയോ വിശാലമാണ് ഞാൻ ഉണർന്നിരിക്കുമ്പോൾ ഒരു വലിയ ലോകത്തിൻ്റെ അധിപതിയാണ് ഞാൻ സ്വപ്നത്തിലേക്ക് കടന്നാൽ ഒട്ടേറെ വിചിത്ര ലോകങ്ങളുടെ അധിപതിയാണ് ഞാൻ ഗാഢമായ സുശുദ്ധിയിൽ എൻ്റെ സാമ്രാജ്യം അജ്ഞാനമാണ് ഇതിൻ്റെ മൂന്നിൻ്റെയും അധിപതിയ സ്വർണരൂപമായ ലോകങ്ങളും രജനരൂപമായ ലോകങ്ങളും അയോരൂപമായ ലോകങ്ങളും നിറഞ്ഞ പുരഞ്ജനനാണ് ഞാൻ ത്രിപുരനാണ് ഞാൻ ഭാഗവതം മുരിടത്ത് ത്രിപുര ദഹനമായി പറയും അല്ല ഒരിടത്ത് പുരഞ്ജനോപാഖ്യാനമായി പറയും ശിവപുരാണമെന്ന് ത്രിപുര ദഹനമായി പറയും ആ ബലി ഇത്രയൊക്കെ നേടിയിരിക്കുമ്പോൾ അയളിൽ ഒരു അന്ധക്കരണ ഉയർന്നൊരു ചോദ്യം ചോദിക്കും ഇതിനകത്തുനിന്ന് മൂന്നടി മണ്ണ് ഈ ഉള്ളവൻ ദാനശീലമുള്ളവനും കൂടെ ആയാൽ അവൻ്റെ മുമ്പിൽ ചെന്ന് ഈ മൂന്നടിയൊക്കെ ചോദിച്ചാൽ അവനവനെ കളിയാക്കി കാണുന്നു ഈ പിള്ളേർ പന്തു മേടിക്കാനും മറ്റും ഒക്കെ റെസിൻറ്റിവിറ്റി ചെയ്യേണ്ടി വരുമ്പം ചില കോടീശ്വരന്മാരായ ചില ആളുകളുടെ മുമ്പ് ചെന്ന് സാറേ ഒരഞ്ച് രൂപ നീ ഒരു പന്ത് വാങ്ങിച്ചോട എന്ന് പറയുന്നത് ഇനി നീ ആരുടെ എടുക്കാൻ പോകണ്ട ഇവിടെ വന്നേച്ചു പോയാലേ ഇതൊരു മാതിരി എന്നെ കളിയേൽക്കുന്ന പോലാണ് പുതുമണിശീലയാണെങ്കിൽ കുറച്ച് കൂടുകയും ചെയ്യും അവനെ വീണിക്കാൻ മറ്റവൻ ഇത്രയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇരട്ടിയോ ഇവനൊരു പ്രഖ്യാപിത ശത്രുവ് പടയിരുത്തം വന്നൊരു സമ്പന്നൻ വേലായുധൻ ചേട്ടൻ അമ്പതിനായിരം രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്നാൽ ഒരു ലക്ഷം രൂപ എഴുതി കൊള്ളാ ഇങ്ങനെയാണ് ലോകം മഹാബലിയുടെ അടിക്കൽ പോയി ചോദിച്ചത് മൂന്നടിയാണ് മഹാബലി പറഞ്ഞത് ത്രൈലോക്യ ചക്രവർത്തിയായ എൻ്റെ അടുക്കൽ മൂന്നടി ചോദിക്കുക കൂടലി ഉത്തരം ഗംഭീരമാണ് അവനവൻ ആവശ്യമുള്ളതിലധികം ആഗ്രഹിക്കുന്നതാണ് ഇതാണ് ആ സന്ദേശത്തിന്റെ പൂരം ആവശ്യമുള്ളതിലൊന്നും മാനവൻ ഇന്നോളം ദുഃഖിച്ചിട്ടില്ല വീട്ടിൽ നോക്കിയോളൂ പുത്രനുണ്ട് ഉള്ളതിലല്ല ദുഃഖം ഈ പുത്രൻ മറ്റവനെപ്പോലാകാത്തതിലാ ദുഃഖം അഞ്ചേക്കർ ഭൂമിയുണ്ട് അതിലെല്ലാ സൗഭാഗ്യമുണ്ട് മിച്ചം കുറെ ബാങ്കിലും ഇടുന്നുണ്ട് എന്നാലും അപ്പുറത്തുള്ളവനോളം ഇല്ലല്ലോ എന്നുള്ളതാണ് ഭാര്യയുണ്ട് പിന്നെന്തിനാ ദുഃഖിക്കുന്നത് അതേ അവള് ഗോപാലന്റെ ഭാര്യയെപ്പോലെ ആകാത്തതിലാ ദുഃഖം എന്താകാത്ത അവള് മറ്റവളെക്കാൾ സുന്ദരിയ പക്ഷേ ഇഞ്ചി പുളി ഉണ്ടാക്കുമ്പോൾ ഗോപാലൻ്റെ ഭാര്യ ഉണ്ടാക്കുന്ന പോലെ ആയില്ല അതിനാ ദുഃഖം എന്നാലോചിച്ച് നോക്ക് ഇത് വളരെ വിചിത്രമാണ് ഈ ലോകം ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല ഇങ്ങനല്ലേ നിങ്ങളുടെ എല്ലാം ദുഃഖം അല്ലാതെ ദുഃഖം ഇല്ലീ ലോകത്ത് ഈ ലോകത്ത് ആകെയുള്ള ദുഃഖം മുഴുവനിലാണ് മായാവിഭ്രമത്തിലാണ് അത് ബലിയോട് വാമനൻ പറഞ്ഞു കൊടുത്തു ഒടുവിൽ അളന്നപ്പോഴാണ് സ്കെയില് മാറിപ്പോയത് അറിവിൻ്റെ അളവുകോലിൽ ബലിയുടെ ഒന്നാം ലോകമായ ജാഗ്രത്ത് അസ്തമിച്ചു രണ്ടാം ലോകമായ സ്വപ്നം രണ്ടാമത്തെ അടിയിലെത്തും മൂന്നാമത്തെ അടിക്ക് തൻ്റെ അജ്ഞാനവും അറിവില്ലായ്മയുമാകുന്ന പാതാള ലോകത്തിലേക്ക് ിയെ താഴ്ത്തുമ്പോൾ ജാഗ്രത് സ്വപ്ന സുശുദ്ധികളിൽ നിന്ന് ബലിമുക്തനായി വിഷ്ണുരൂപം പ്രാപിക്കുന്നതാണ് കഥ പക്ഷേ ആ സമയത്ത് ഭാഗവതത്തിൽ ഭാര്യരംഗപ്രവേശം ചെയ്യുന്നു മൂന്നാമത്തെ കാലിൽ തലയി വയ്ക്കുമ്പോൾ ഇന്ദ്രിയങ്ങളുടെ അധിപതികൾ വന്ന് സ്തുതിച്ചു പറയുന്നുണ്ട് വിഷ്ണോ അരുതേ എന്ന് ഭാര്യയുടെ ചോദ്യമുണ്ട് നിങ്ങൾക്ക് എന്തറിയാം എല്ലാം ഈശന്റെതായിരിക്കെ എന്റേതാണെന്ന ഗർവ് പുലർത്തിയ അവന്റെ തല ആ പാദങ്ങൾക്ക് കീഴിൽ അല്പമൊന്നിരിക്കട്ടെ എന്ന് പറയുന്ന ഒരു അടിയുണ്ട് അതാണ് ശരിയായ ഭാര്യ അറിവുള്ളവൻ ഇതാണ് ബലിപുരാണം തരുന്നത് അതുകൊണ്ടാണ് ഞാനത് അവസാനമായി പറഞ്ഞത് അതാവില്ല കർമ്മനാകാം രന്തിദേവനാകാം നമുക്കനുവദിച്ച സമയത്തോട് അടുക്കുകയാണ് അപ്പോ പത്ത് ശ്ലോകവും കഴിഞ്ഞു ഇനി ഇതിനൊരു ഫലശ്രുതിയുണ്ട് ഗുരുദേവൻ ഇതിനൊരു ഫലശ്രുതി പറഞ്ഞിട്ടുണ്ട് ഗുരുവോതും മുനിയോതുർദ്ധവും ഒരു ജാതിയിലുള്ളതൊന്നുതൻ ഉരുളോർത്താലാഗമത്തിനും അരുമാമറയോതുർദ്ധവും ഗുരുവോതും മുനിയോതുമർദ്ദവും ഒരേ ഒരു ജാതിയിലുള്ളതൊന്നുതൻ ഖിലാഗമത്തിനും ആ മറയോധും അർത്ഥവും അനർഘങ്ങളും മാഹാത്മ്യമേറിയതുമായ വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ളതിൻ്റെ സാരവും ഗുരുവോതും മുനിയോതും അർത്ഥവും ഗുരുവും മുനിയും ഉപദേശിച്ചു കൊടുക്കുന്ന ജ്ഞാനരഹസ്യത്തിന്റെ സാരവും ഒരു ജാതിയിലുള്ളത് ഒരേ തരത്തിലുള്ളതാണെന്ന് ഒന്നുതാൻ പൊരുളോർത്താൽ അഖിലാഗമത്തിനും എല്ലാ ആഗമങ്ങളുടെയും സാരമായിരിക്കുന്നത് ഒന്നു തന്നെയാണെന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും വേദം മുഴുവൻ പഠിച്ചാലും ഉപനിഷത്തുകൾ മുഴുവൻ പഠിച്ചാലും ആഗമങ്ങൾ മുഴുവൻ പഠിച്ചാലും ആകെ ഈ അനുകമ്പയാണുള്ളത് അതു തന്നെയാണ് ഇതിൻ്റെ ഫലം അത് ഉണ്ടാകുവാനാണ് ഇത് പഠിപ്പിച്ചത് അതാണ് ആകെ ഉണ്ടാവേണ്ടത് അനുകമ്പയൊന്നാണ് അനുഭൂതി ഇതിൻ്റെ ഫലശ്രുതിയും അതാണ് അപ്പോൾ നമ്മുടെ വിഷയം തീർന്നു ഇത്തവണ നമ്മൾ അരമണിക്കൂർ മുമ്പേ തന്നെ കാര്യങ്ങൾ ഒരുമാതിരി പറഞ്ഞു അതിൽ നാരായണ ഗുരുദേവൻ്റെ ഈ കൃതി അനുകമ്പാ ദശകം ഭാരതീയർക്കൊരു പ്രത്യേകതയുള്ളത് ഇത്തരം ദശകങ്ങളും ശർക്കങ്ങളും അഷ്ടകങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ അതൊക്കെ എവിടെയോ ഇരുന്നൊരു ഭജന പാടാനുള്ളത് എന്നുള്ളത് കൂടുതലൊന്നും തോന്നാറുണ്ടാവില്ല മുമ്പ് നമ്മളിതുപോലൊരു കൃതി എടുത്തിരുന്നു ദൈവദശകം ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയൊക്കെ എഴുതിതാവും പക്ഷെ അതിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യങ്ങൾ പ്രാചീനരെങ്കിലും പ്രാചീനതയോട് ചേർന്നവർ എഴുതുമ്പോൾ എത്രയാണ് ചിന്തിച്ചു നോക്കിയാലേ മനസ്സിലാവുക ഈ പുസ്തകം വാങ്ങുമ്പോഴോ ഇത് വായിക്കുമ്പോഴോ സാധാരണഗതിയിൽ ഒരാൾക്ക് അത്ര പ്രസക്തിയുള്ളതാണെന്ന് തോന്നുമെന്ന് തോന്നില്ല ഇത്തവണ ചിന്മയാമിഷനിലെ ആധ്യാത്മിക ക്ലാസുകളെയൊക്കെ നയിക്കുന്നവർ ചേർന്ന് നാരായണ ഗുരുദേവൻ്റെ സമാധി ദിനത്തിൽ ഇത്തവണ ഏത് പുസ്തകമാ വേണ്ടതെന്നൊക്കെ ചിന്തിച്ചപ്പോൾ അനുകമ്പാദശകമായിക്കോട്ടെ എന്ന് അവർ തീരുമാനിച്ചപ്പോൾ അതിൻ്റെ നോട്ടീസൊക്കെ നിങ്ങളിൽ ചിലരുടെയെങ്കിലുമൊക്കെ കയ്യിൽ കിട്ടിയപ്പോൾ വന്നിരിക്കുന്ന നിങ്ങളിൽ പലരും ഗുരുദേവന്റെ ഈ കൃതിക്ക് ഇത്ര പ്രാധാന്യമുണ്ടാകുമെന്ന് കരുതിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ചിലരെങ്കിലും അനുകമ്പാദശകരിത്തോണ ഞാൻ വരുന്നില്ല അതൊന്ന് വായിച്ചാലറിയാനേ ഉള്ളൂ അതിൽ കാര്യമായ ഒന്നുമില്ല അതൊരു വേദാന്ത ഗ്രന്ഥമൊന്നുമല്ല നമ്മളീ വേദാന്തമൊക്കെ പഠിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ഥിരാകൂടത്തിൽ കടന്നാൽ കർക്കശമായ വേദാന്ത ചിന്തയിൽ നിന്നൊക്കെ നമ്മൾ മാറിപ്പോകും എന്നും ധരിച്ചു വശാകാതെ ഇരുന്നില്ല ഭാരതീയ ചിന്തയുടെ വൈവിധ്യം തിരിച്ചറിയുമ്പോഴാണ് ഈ കൃതിയുടെയും തത്കർത്താവിൻ്റെയും പ്രാധാന്യം വരുതാവുന്നത് അതീവ ലളിതമെന്ന് തോന്നുന്ന ഒരു ശബ്ദത്തെ അനുകമ്പയെ ഋഷി കൽപ്പന എങ്ങനെ പ്രാമാണികമാക്കിയെന്നറിയാൻ ബൃഹദാരണ്യകത്തിലൂടെ നാം ഓരോട്ട പ്രദക്ഷിണം നടത്തി നോക്കണം അതുകൂടെ പൂർത്തിയാക്കിയില്ലെങ്കിൽ ഇത് ശരിയാവില്ല ബൃഹദാരണ്യകത്തിൽ ഒരു ചിത്രമുണ്ട് ജനകന്റെ രാജധാനി നിങ്ങൾ അറിയും ജനകനെ മിഥിലായം എന്ന് പറഞ്ഞ മിഥിലാധിപനെ ൻ എന്ന ഗുരു ഈ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അധൃശ്യനായവൽക്കയ ഭാര്യന്മാർ തന്നെ രണ്ട് കാത്യായനീ മൈത്രി ഗാർഗിയല്ല ഗാർഗി കാർത്തിയ യാജ്ഞവൽക്കയന്റെ ഭാര്യ ഒന്നുമല്ല അത് സച്ചിദാനന്ദൻ ഒഴികെ എഴുതിയേക്ക് കവിത തെറ്റിപ്പറ്റി പോയതാന്ന് മാത്രമല്ല അതിനകത്ത് ഗാർഗി പുലയവനിതെയുമാണ് ജാജ്ഞവൽക്കൻ ബ്രാഹ്മണനും ജനങ്ങളെ പഠിക്കാൻ എന്തെല്ലാം എഴുതും ശ്രദ്ധിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അതൊക്കെ പി ഡിഗ്രിക്ക് പഠിപ്പിച്ചും എന്നിട്ട് പുലയക്കുളിലിൽ ഗാർഗി കളം അതിലെ വൃത്താന്തം ബൃഹദാരണ്യകം പഠിച്ചിരുന്നെങ്കിൽ എന്ന് ആശിക്കാം ആ കാത്യനിയും മൈത്രയും ഭാര്യമാരായുള്ള യാജ്ഞവൽക്കൻ്റെ ഒരുപാട് അവധാനങ്ങളുണ്ട് മൃഗദാരുടെ അതിലൊന്ന് ജനകന്റെ രാജധാനിയിൽ യാജ്ഞവൽക്കനും അശ്വലനും ഹോതാവായ അശ്വലനും എല്ലാം അണി നടന്നിട്ടുണ്ട് ഉദാലയനും എല്ലാം അണി നടന്നിട്ടുണ്ട് ഗാർഗി വചഖ്നുവിചഖ്നുവിൻ്റെ മകൾ ഭാരതീയ സംസ്കൃതി ഏറ്റവും ആദരവോടെ ബഹുമാനിക്കുന്ന ഒരു അമ്മയാണ് അവർ ഭാരതം അപാലയാത്രയെയും വിശ്വവാര യാത്രയെയും വാഗം ഭിയെയും ഘോഷ കാക്ഷീവതിയെയും ഒക്കെ ആദരിക്കുന്നത് ബ്രഹ്മവാദിനികൾ നിലയിൽ മാത്രമല്ല മന്ത്രത്തെ കണ്ടെത്തി ഋഷിനികൾ നിലയിലാണ് അവരുടെ പേരിലാണ് ഒരുപാട് മന്ത്രങ്ങൾ മന്ത്രദ്രഷ്ടക്കളാണ് ക്ഷീവതിയും അപാല ആത്രയും വിശ്വവാരും വാഗംഭരിണിയും ഒക്കെ കണ്ടെത്തിയ ആ ഋഷി പാരമ്പര്യത്തിലെ സ്ത്രീരത്നങ്ങൾ ഉയർന്നു നിൽക്കുമ്പോഴാണ് അടുത്ത കാലത്ത് സ്ത്രീകൾ മന്ത്രം ജപിക്കുക പോലും കരുതുന്ന കൽപ്പനകൾ പുറപ്പെടുവിച്ചത് അതിന്റെ വൈചിത്രമൊന്ന് വേറെ ഏതായാലും ഗാന്ധി വജക്കിനു ശ്രീശങ്കരൻ പോലും ബഹുമാനാദരങ്ങളോടെ ബ്രഹ്മവാദിനി എന്ന് വിളിക്കുന്നവളാണ് അവളും ഉണ്ടാവുന്നത് അവരുടെ മുമ്പിലേക്കാണ് ജനകമഹാരാജാവ് ഓരോ കൊമ്പിലും പതുപ്പത്ത് കാൽപ്പലം സ്വർണം കെട്ടിത്തൂക്കി ആയിരം പശുക്കളെ കൊണ്ടുനക്കുന്നത് ഒന്നും രണ്ടുമല്ല ആയിരം പശുക്കൾ ിലും പതുപ്പത്ത് കാൽപ്പലം സ്വർണം എന്നിട്ട് ജനകൻ ആ സദസ്രോടായി പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും വലിയ ബ്രഹ്മിഷ്ടന് ഈ പശുക്കളെ കൊണ്ടുപോകാം പണ്ഡിതന്മാർ പശുവിനെയും പരസ്പരവും രാജാവിനെയും മാറി നോക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ ചെറുപ്പക്കാരനായ യജ്ഞവൽക്കൻ എഴുന്നേറ്റ് ശിഷ്യനെ വിളിച്ചു സൗമ്യനായ സാമസ്രവസ്ഥയെ ഈ പശുക്കളെ ആശ്രമത്തിലേക്ക് തെളിക്കൂ ഹോതാവായ അശ്വലൻ എഴുന്നേറ്റു ഓ നിങ്ങളാണോ ഏറ്റവും വലിയ ബ്രഹ്മിഷ്ടൻ മറുപടി രസാവഹമാണ് അഹോ ബ്രഹ്മിഷ്ഠന് നമസ്കാരം ഞാൻ പശുക്കളെ കൊണ്ടുപോവാൻ വന്നതാണ് ഞാനാണ് ബ്രഹ്മനിഷ്ഠൻ പദമില്ല പറഞ്ഞു പോയെങ്കിൽ വീണു കാണുന്നതൊക്കെ ബ്രഹ്മനിഷ്ഠയായി കാണുന്നതുകൊണ്ട് അശ്വലനെ ബ്രഹ്മനിഷ്ഠനായി കാണുന്നു അഹോ ബ്രഹ്മിഷ്ഠന് നമസ്കാരം ഞാൻ പശുക്കളെ കൊണ്ടുപോവാൻ വന്നതാണ് അശ്വലൻ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു നമുക്കതൊന്നും കുറഞ്ഞ നേരം കളയണ്ട ഒട്ടേറെ ചോദ്യങ്ങൾ ഗ്രഹങ്ങൾ അതിഗ്രഹങ്ങൾ ഒക്കെ ചോദിച്ചു എനിക്കുത്തരം പറഞ്ഞു ഞാൻ വൈകി കഴിഞ്ഞ് ബുജു എഴുന്നേറ്റു ആർത്തഭാഗന്റെ പുത്രഭാഗൻ എഴുന്നേറ്റു ഓരോരുത്തരോടും പറഞ്ഞു തീർത്തു അതാ എഴുന്നേറ്റ് വരുന്നു ഗാർഗി വചക്കിനി സദസ്യരായെന്ന് നോക്കി അപൂർവമായ തേജസ് ഗാർഗി വചക്കുനുവി വളരെ നാടകീയമായാണ് രംഗം യാജ്ഞവൽക്കയനെ നോക്കി ചോദിച്ചു ഈ യാജ്ഞവൽക്കയെ ദിയോവിനു മുകളിൽ ഉദ്യോഗാപൃഥ്വികൾക്ക് മധ്യത്തിൽ പൃഥ്വിക്കു താഴെ ഉള്ളതെന്നും ഇല്ലാത്തതെന്നും പറയുന്ന ഈ ലോകങ്ങൾ ഏതിലാണ് ഓതവും പ്രോതവും ആയിരിക്കുന്നത് ഓതവും പ്രോതവും എന്നൊക്കെ പറഞ്ഞാൽ ഊടും പാവുമായിരിക്കുന്നത് വസ്ത്രം നെയ്യുമ്പോൾ ഊടും പാവും കൊണ്ടാണ് വസ്ത്രം തോന്നുന്നത് യഥാർത്ഥത്തിൽ വസ്ത്രമില്ല അതറിഞ്ഞതുകൊണ്ടാണ് പണ്ടുള്ളവർ കുറച്ച് ധരിച്ചിരുന്നത് ടുക്കുമ്പോഴാണ് കൂടുതൽ ഉടുത്തില്ലെന്ന് തോന്നുന്നത് ഒന്നും പെട്ടെന്ന് മനസ്സിലാവും തോന്നില്ല കാരണം ഉടുക്കാത്ത ഒരു ഞാൻ ഉള്ളിടത്തോളം കാലം ആരുടുത്താലും ഉടുക്കാതെ കാണാൻ കഴിയുമെന്ന് ആർക്കാണ് അറിയാത്തത് ഡോക്ടർമാർക്ക് ഒഴിച്ച് അതുകൊണ്ട് ഉടുക്കാത്തതിനെ കൂടെ അറിയുന്ന ഒടുത്താലും ഉടുക്കാത്തതുപോലെയാകുന്ന ആ വസ്ത്രത്തിന്റെ രൂപഭാവങ്ങളെ നോക്കി ഊടും പാവുമെന്ന് പറയുന്ന പോലെ ഈ ലോകങ്ങൾ ഏതിലാണ് ഊടും പാവുമായിരിക്കുന്നത് യാജ്ഞവൽക്കൻ അക്ഷോഭ്യനായി പറഞ്ഞു ആകാശങ്ങളിലാണ് ഇടുന്ന മറ്റില്ല ആകാശം എന്തിലാണ് ഓതവും ക്രോധവുമായിരിക്കുന്നത് ചോദ്യം നീണ്ട് നീണ്ട് ഹിരണ്യഗർഭലോകങ്ങൾ വരെ എത്തി രെ ഹിരണ്യഗർഭലോകങ്ങളെതിലാണോ പ്രോതവുമായിരിക്കുന്നത് ഗാർഗി നീ അതിപ്രശ്നം ചോദിക്കുന്നു അറിയാൻ കഴിയാത്തതും അറിയരുതാത്തതുമായ അറിഞ്ഞാൽ അറിയുന്നവൻ കൂടി അറിവായിത്തീരുന്ന ലോകങ്ങളെ നീ ചോദിക്കുന്നു അതിസൂക്ഷ്മങ്ങളായ ആ ലോകങ്ങളെ അപഗ്രഹിക്കുമ്പോൾ റിവും അറിയുന്നവനും ഒന്നാകയാൽ അത് അറിയുന്നത് ചോദ്യം കൊണ്ടല്ല നീ അതിപ്രശ്നം ചോദിക്കുന്നു നിന്റെ തല പൊട്ടിത്തെറിക്കാതിരിക്കണ്ടേരുന്നു യാജ്ഞവൽക്കരോട് മറ്റൊരുവൻ വീണ്ടും എഴുന്നേറ്റ് ചോദിച്ചു അവൻ അതിസൂക്ഷ്മങ്ങളായ രോഗങ്ങളിലേക്ക് പോയപ്പോൾ അവൻ്റെ തല പൊട്ടിത്തെറിക്കുകയും ചെയ്തു സദസ്യൻ ഈ യാജ്ഞവൽഖ്യന്റെ വിജയം സുനിശ്ചിതമാണെന്ന് നിശ്ചയിക്കുമ്പോഴേക്ക് ഗാർഗി ഒന്നുകൂടെ എഴുന്നേറ്റു ഇത്തവണ ഗാർഗി യാജ്ഞവൽഖ്യരോട് പറഞ്ഞു യാജ്ഞവൽക്കരെ ഈ ജനകമഹാരാജാവോ കാശി രാജാവോ തന്റെ ഞാണയും കുലയെത്തുന്നത് പോലെ ഞാൻ രണ്ട് ചോദ്യങ്ങൾ അങ്ങേരോട് ചോദിക്കുക അതിനുത്തരം പറഞ്ഞാൽ അങ്ങ് ബ്രഹ്മിഷ്ടനാണെന്ന് സമ്മതിക്കാം ചോദിക്കണം ഗാർഗി അക്ഷോഭ്യനായി വീണ്ടും ചോദ്യം അതേ ചോദ്യം ആവർത്തിച്ചു ദ്യോവിന് മുകളിൽ ദ്യോവാപൃഥികൾക്കും മധ്യത്തിൽ ഉള്ളതെന്നും ഇല്ലാത്തതെന്നും പറയുന്നത് ഏതിലാണോ പ്രോതവുമായിരിക്കുന്നത് കേട്ടു നിൽക്കുന്നവർക്ക് ചോദ്യം സെയിമാണ് ഈ യാജ്ഞവൽക്യനും ഗാർഗിക്കും ചോദ്യം ഒന്നല്ല പക്ഷെ ഉത്തരം അത് തന്നെ പറഞ്ഞു ിലാണ് ഇത്തവണ അല്പം കൂടി സൂക്ഷ്മമായി ഇറങ്ങി ഗാർഗി ചോദിച്ചു അതേതിലാണോ ഇത്തവണ യാജ്ഞവൽക്കയർ വഴി വളഞ്ഞില്ല അക്ഷരങ്ങളിലാണ് ഗാർഗി ഇനി ഗാർഗി ചോദിച്ചില്ല ഈ ആജ്ഞവൽക്കയർ അങ്ങോട്ട് പറഞ്ഞു ഗാർഗി ഏതൊരുവനാണോ മനുഷ്യനായിട്ടും ീ അക്ഷരങ്ങളെ അറിയാതിരിക്കുന്നത് അവൻ കൃപണനാണ് അനുകമ്പ്യനാണ് ഏതൊരുവനാണോ അതിനെ അറിയുന്നത് അവൻ ബ്രാഹ്മണനാണ് അക്ഷരങ്ങളിലാണ് ഗാർഗി ഇതെല്ലാം മതവും ക്ലോതവുമായിരിക്കുന്നത് ഈ ജന്മം നാശമില്ലാത്ത ബോധമായ അക്ഷരത്തെ അറിയാനാണ് അതറിയാത്തവൻ അനുകമ്പ്യനാണ് ഉപനിഷത്തില് അനുകമ്പയുള്ളവൻ അറിയുന്നവനും അനുകമ്പ്യൻ കൃപണൻ അറിയാത്തവനുമാണ് ഈ ഉപനിഷന്ദേശത്തിൻ്റെ മൗനമന്ദഹാസം അനുകമ്പാദശകത്തിലുടനീളം കാണാം ഉപനിഷപ്രോക്തമായ ഈ മഹത് സന്ദേശം ഈ ജീവിതമൊക്കെ കിട്ടിയിട്ടും ഈ ഭൂമിയിൽ നിന്ന് അച്ഛരമറിയാതെ പിരിയേണ്ടി വന്നാൽ ക്ഷരമായത് മുഴുവൻ പഠിച്ചിട്ട് എന്ത് കാര്യം അതിനായിരിക്കട്ടെ മഹതനുഗ്രഹമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ വരാൻ യതിശ്രേഷ്ഠനായ ഗുരുതൽപ്പനായ ലോകമെന്നും ശങ്കരസമ്പ്രദായത്തിൻ്റെ ജ്ഞാനമഹിമ പാടി പുകഴ്ത്തിയ പുംസ്കോഗിലമായ ചിന്മയാനന്ദജിയുടെ ഭക്തന്മാരെയും പിന്മുറക്കാരെയുമൊക്കെ ഒന്ന് കാണാൻ അവരോടൊപ്പം അല്പനേരം തിരിക്കാൻ ഇടയാക്കിയ മഹോന്നത സന്ദർഭത്തെ മഹാഭാഗ്യമായി കണ്ടുകൊണ്ട് ആ യതിശ്രേഷ്ഠൻ്റെ ധ്യാന മനനലോകങ്ങൾ ഉണർത്തിയ സാമ്പ്രദായിക തദ്ധയുടെ മണിമന്ദിരത്തിലിരുന്ന് അതുപോലെ അതിനു മുമ്പൊരു കാലത്ത് ഭാരതീയ നവോത്ഥാനത്തിൻ്റെ ആധ്യാത്മിക ഔന്നത്യത്തിൻ്റെ അനന്തലോകങ്ങളെ പുഴുകിയ ഒരു ഗുരുശ്രേഷ്ഠനെ സ്മരിക്കാനും അദ്ദേഹത്തിൻ്റെ അവതാനങ്ങൾ ഓർക്കാനും അദ്ദേഹത്തിൻ്റെ ദർശനം പഠിക്കാനും പഠിപ്പിക്കുവാനെന്ന് ഞാൻ പറയുന്നില്ല അത് കൃത്യ സാധ്യമാണ് എൻ്റെ ആചാര്യന്മാരിൽ നിന്ന് ഞാൻ പഠിച്ചത് അവരൊക്കെയാണ് മനനം ചെയ്യാനുള്ള ശ്രമസാധ്യമായൊരു പണി മാത്രമേ ഞാൻ എന്നും ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് വക്താവുന്നതിനേക്കാൾ എൻ്റെ ആചാര്യന്മാരുടെ വാക്കുകൾ എന്നിലൂടെ വരുമെങ്കിൽ അതിൻ്റെ സ്വതാവായിരിക്കാനാണ് എനിക്കിഷ്ടവും അതിൽ വന്നുപോയ വിശവുകൾ ശയ്യാഭംഗങ്ങൾ ശൈലീ ഭംഗങ്ങൾ പാകപ്പിഴകൾ ഉച്ചാരണ അസംബന്ധങ്ങൾ എന്നു തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ഇടയിലെ പണ്ഡിതന്മാർക്ക് എപ്പോഴെങ്കിലും അലോസരമായി തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ ആ നിന്നതകൾ അത്രയും എൻ്റേതെന്റേത് മാത്രമാണ് വാക്കും മനസ്സും ശരീരവും കൊണ്ടുള്ള നിങ്ങളുടെ ശിക്ഷകൾ മാത്രം ഒതുക്കി നിർത്തേണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ എവിടെയെങ്കിലും നന്മയുണ്ടെങ്കിൽ അനുകമ്പയുണ്ടെങ്കിൽ ജ്ഞാനമുണ്ടെങ്കിൽ അതെല്ലാം അസ്മാദൃശ്വരായ ഭാരതീയരും പാശ്ചാത്യരും ആയ എൻ്റെ പൂർവാചാര്യന്മാരുടെ ഊസ്യത്തിൽ നിന്ന് ആരുടെ കാൽന ഹിന്ദു മരീശികളെ അന്യൂനം തുടരുവാൻ ആഗ്രഹിക്കുന്നുവോ ആ പുണ്യശ്ലോകന്മാരുടെ അറിവിൻ്റെ അവയ്ക്കുള്ള നമസ്കാരങ്ങൾ അവരുടെ മേതാന്ത്വികത്തിൽ തന്നെ ഒതുക്കി നിർത്തണമേയെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഈ തരുണത്തിൽ ഈ ധന്യമായ മുഹൂർത്തത്തിനും സ്ഥാപനത്തിനും അഥവാ ഇടപെട്ട് ആധ്യാത്മിക പുഷ്ടിക്ക് ശ്രമിക്കുന്നവരുമായ നിങ്ങളെയെല്ലാം ഓർമ്മിച്ചുകൊണ്ടും ആനന്ദം അഭങ്കുലം തുടരാൻ പരമകാണീരുണികരായ ആചാര്യവര്യന്മാരുടെ പരമ്പര അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം തന്ന വേദപൊരു പ്രജ്വലിക്കുന്ന ദിവ്യ സ്വന്തശ്രീപുണ്ട് ും ഒരു കാര്യം സദ്യമല്ലാതെയുണ്ടോ പരമിതിലൊരു ദൈവം മറ്റെല്ലാത്താൽ പരമശിവനദാചാര്യനെ കൈതൊഴുന്ന ഗംഗാ സംഗീതമൌലി ണികണം കൊണ്ടുള്ള മല്യങ്ങളും തുങ്കശ്രീചിതരുന്ന തിങ്കളും അണിഞ്ഞിടുന്ന കാലാന്തകൻ അങ്കം വാദി ഗിരീന്ദ്ര കന്യകഥനിക്കായിട്ട് നൽകിയിടുവൻ ചെങ്ങന്നൂരമരുന്ന ശങ്കരനിക്കറ്റം ഗുണീടണം അരിയോ